ുഖിതോനെ <laughs> പാണ്ടോ അവാത്മ സബദശജു അലക്ഷരപ്രഗത ദ ചിത്രവീരൂ കൊകദാ വിദാസയസുദോ വാജ ക്ൃതേ ആശേ ഹവൈക്വയാൽ സദോ ബ്രഹഗശദ ആത്മശ്രമർ ട്രണോ ന പ്രത്യാഹാദിമീദ ഇമൃദ്യശ്രൂണിമാണി പ്രം വെടപ്യകാന അമൽപനക് അജാലശ തുപ്രത്യുജേ പ്രഭോ പാദാ വജസ്പ്രൻ സദ്യു വാജ നഹം വീര വിവസദ പിത്രോ വകുരന്ദലഗാദാരിയാവ ആബഹു ബുഷദോസ്മി മഹാത്മി അഗാജികാ ഭഗവന്ന ആരദസഹലം വരോ പ്രത്യുക്തായ അഭിവാദ്യ സാനയോദ്ധർചേനിവാശി ശിഷ്ടരവയാ യോഗാസമായും വഹത്തിഭൂത സേക്തിഥാദി വക്ത ൈക്ലവ്യവജ്ഞാന കാലോയം പാചകം കഥമന്യാസ്തു ഗോപായ അപേക്ഷത്വരഷ്ട്രാജാധ്യമാര്യക്ഷിന് <laughs> ശ്രീന സ്രോതോഭി സപ്തൈ സോത്രി സപ്തേസ്രോതം പ്രജക്ഷത സുസവർസ്മുധാവിധ അഭക്ഷ ഉപ യാണോദർകോ നിരുദ്ധകർശയോ വൈബാഹു സന്യസാഹിലേ കളേ പരംസ്വ കച്ച ഭസ്മീ ഭഷ്യതിഹ്യമാന അഗ്നിപദ്ദേഹ പത്യുപ്പി സഹോളയന്ദന ഹർശോസ്വ യാണോ ബിന്ദു ദൃക്ഷയാൽകൃസേതം വ്യധീതർജുന ദർശോ രുവാ നിമിത് കുരുദ്ധ കാലശം രൗദ്രാം വിപര്യസ്ഥത്ാഭീയം നൃടാം ക്ഷാകുലം പശ്യോൽപാദ്യാദിൻ സൈഹഹാരുണാൻ ശംസദോ ദൂരാൽ ഭയം നോ ബുദ്ധിമോഹനം ഊർവക്ഷി ബാഹോ മഹ്യം സ്ഫുര പുന വേപുശ്ചാ ദ വിപ്രിയ ശിവൈസോദ്യന്തരം പ്രത്യൂലൂകുഹരി ധൂം കംബദേശ മഹാംയുർവാദിഖരസ് പശോ രജസോ വിസൃംസ്തമാ അസൃഗർഷന്തിലദദീഭമിദ ഭംശുശ്യ ഗ്രഹമർദ്ധം സുലേർണേർ ദിവസേ നദ്യോക്ഷുധാസരാംസി ജമസിരാജയ കാലം വിതിജേ ി മഖം ദർശയന്തിന്ഹോൽപാതയർ നൂനം ഭഗവതപ്പതേ അനന്യശ്രീ ബിർനൗ സൗഭാ ഇത് ചിന്തയതൃഷ്ട രാജ്ഞം പ്രത്യാഗമൽ ബ്രഹ്മൻ യത് ബുധ്വജ തം പാദയോർനിപതിയഥാ പൂർവമാതിരം അഥോ വനമബിന്ദുൻ സൃജന്തം നയനബോ വിലോക്യോദ്യഗ്നഹൃദോയോയോയോയോയ വിച്ഛായ മനുജം നിർബാത് പൃച്ഛതി സ്മ കച്ചിത നർത്തപുരെയസ്വജനുഖമാസദേശാ സന്ധകൃഷ്ണസ്തേമാരുഷ മാജ കച്ചിൽ കുശലിയനഗതുഭേ സപ്തസ്വസാര സ്ഥൽപത്നോ മാധുലാനൂരോ ജയന്തസാരണ ആസദേ കുശലം കച്ചിൽ ജയജത്യാ കച്ചിദസ്തേസുഖം രാമോ ഭദ്യുംസുഖമാസേഹ മഹാരഥ ഗംഭീരയോ നിരുദ്ധോ വർദ്ധദേ ഭഗവാൻ സുഷേണ ചാഷ സുധ അന്യേജാ കാർത്തി പ്രവരാ സപുത്രോഷവാദയ സുനന്ദ ശീർഷണ്യേ ജ അന്യേ സുഷഭ അഭിസ്വേ രാമകൃഷ്ണഭുജാശ്രയാസ്മരസ്മരന്ത കുശലം അസ്മാകും ഭഗവാൻ അഭിഗോവിന്ദോ ബ്രഹ്മണ്ോ ഭക്തവത്സരാ കച്ചിൽ മംഗളായ ച ലോകാനം ക്ഷയമായച്ച ഭയച്ച ആസ്ത യുഗുലാബോധാദ്യോ നന്ദ കുമാൻ യൽ ബാഹുദണ്ഡ കുപ്പുദായം സ്വഭുജ്യം കീടന്തി പരമാനന്ദം മഹാപൗരുഷിഗായവ യൽ പാദശുശ്രൂഷണ മുഖ്യകർമ്മ സത്യാദയോ ദ്രോഷിത നിർജിത്യസ്യാംശിഷോ ഹരന്തി വജ്രായുധ വല്ലഭോജിത യൽ ബാഹുദണ്ഡാഭ്യുദയാജീവിനോ യു പ്രവീരോഹ യുദോഭയാമോഹോ അധികൃ അധികൃഗ്രഭിരാഹൃതം ബലാൽ സഭാധർമാംചിതാ കച്ചിത്തെ നമയം താതാ ഭ്രഷ്ടേജാ വിഭാസി മേ അലബ്ധമാനോ വാത ം വാജിരോഷിത കച്ചിന് ശബ്ദമംഗളേ നക്തർഭ്യ ആശയായൽ പ്രതിശ്രതം കച്ചിത്വന്ന ബ്രാഹ്മണം ബാലം ഗമൃദ്ധം രോഗിണം സ്ത്രീയം ശരണോപൃതം സത്വം സാധ്യക്ഷീ ശരണ പ്രദ കച്ചിത്തൊന്നാഗമോ ഗമ്യം ഗമ്യം സ്ത്രീയം പരാജിതോവാത ഭോത്തമേ നരിഭുക്തം സമ്പോജ്യാന് വൃദ്ധഭാഗാന് ജുഗുപ്സിതം കർമ്മകിഞ്ചിൽ നയലക്ഷമം കച്ചിൽ പ്രേക്ഷതമേനഥാദേപ്പശുന്ഹിതോ നിത്യം മന്യസേദേശമദ് മഹാപുരാണേവാചം കൃഷ്ണോ ഭാത്രാ വികൽപ്പസ്ശ്ലേഷർ ശോകന ശിഷ്യ ഹൃത്സരജോഹത പ്രഭ വിഭുക്തമേവാനുധ്യയൻ ശക്തോൽ പ്രതിഭാഷിതം കൃശ്രേണ സംസഭ്യശു പാണി നമുക്ക് സഖ്യം മൈത്രീൻ സൌഹൃദം സാരസ്ഥ അഗ്രജമഗൽഗയാ അർജുനോ വാച വഞ്ചിദോഹം മഹാരാജാ ഹരിണ ബന്ധുരുവിണ ഏനമേവൃതം തേജോ ദ വിസ്മാവനം മഹൽ യോഗേന ലോകോ ഹ്യദർശന ഉക്ത ലിഖിതോതകോച്യത യഥാ സംശ്രയാുപതേഹമുവാഗതാനം രാജ്യം സ്വയംവര മുഖേ സ്മര ദുർമദാനം തേജോ ഹൃതം ഖലു മയാ സജ്ജീകൃത ധനുഷാധിഗതാ ചിധാവഹമു കാഡവമഗ്നയാദാ ഇന്ദ്രഞ്ചസാമരഗണം തരസാ വിജിത്യ ലബ്ധാസഭാമയകൃത അത്ഭുത ശില്പമായാഗ്യോഹരൻ നൃപതയോ ബലിമധ്വരെ ആര്യോ നിജസ്തവ ഗു സത്വീര്യനൃത നാദമൂപായ്മോചിതേതാധിമഖ തൃപ്ത മഹാഭിഷേക ശ്രാഖിഷ്ടു കവരം ഗത വൈസഭം വികീര്യ പദയോതി മുഖ്യോത ഹേശ വിമുക്തകേശാ യോനോ ജുഗോപനമേക്ക് ദുരന്തകൃഷ്ട്രാ ദുർവാധ തോരിവേ ദുർവാസസോരിവിഹിതയുദാഗ്രഭുഗ്യാകാന്ന ശിഷ്ടമുപഭുജ്യത ശ്രീലോകിം തൃപ്തംസ്തസലി വിനിമ്ന സേജ സാധഭവാൻ യുധി ശൂലബാണി യുഷ്മാത ഗിരിശോസ്തമദാന് അന്യേപി ചാഹമമുനൈവേ വരെ പ്രാപ്തോ മഹേന്ദ്രഭവ മഹദാസനം മഹദാസനം തത്ര മേഭിരോ ഭുജദണ്ഡ യുഗ്മം ഗണ്ഡീവ ലക്ഷണമരാജിവയ സേന്ദ്രശ്രിയ ശ്രിതായതുഭാവിതമാജമേഠത്തെ തേനാഹമുഷിത പുരുഷേണ ഭൂംന യൽ ബാന്ധവ കുരുബലാധിമനന്തര മേഗോരഥേന തദരെഹമതീര്യ സ്പം പ്രഹൃതം ബഹുധനം ചരേഷം തേജാസ്പദം മണിമയം ചൃതം ശിരോഭ്യോ ഭീഷ്മ കർണുരു ഗുരുശലയ ചുഷദഭ്ര രാജന്യവൈരഥ മണ്ഡല മണ്ഡിതാസു മണ്ഡിതാസു അഗ്രേചരോ മമ വിഭോരൂഥവായുർമ ചതൃശോ സഹ ഓജ ആർ യോഷു മാ പ്രിണി പ്രണിഹിതം ഗുരുഭീഷ്മ കർണ ദ്രൗണി ശല സൈന്ധവ ബാൽഹി കാദ്യൈ അസ്ത്രാണി അമോഖമഹിമാനിപ്പിതോസ്പൃശുർ മൃഹരിദാസ അസുരാണി സൗഖ്യേ വൃതുമേ യൽ പാദപത്മമ ഭയ ഭജന്തി ശ്രാതരയോരഥി ഭൂവിഷ്ടം ശ്രാന്തവാഹമരയോരഥിോ ഭൂവിഷ്ടം നാഹരൻ യദു ഭാവനിരസ്തിത്ത നർമാണി ഉദാരീരശോഭിതേ പാർ ഹേ അർജുന സഖേ ഗുരുനന്ദനെതി സഞ്ജൽപ്പി നരദേവ ഹൃദയ സ്പൃശാന ഹൃദയം മമ മാധവ സയ്യാസനടന വികഥന ഭോജനജ്യവയത് വി പ്രധാ സഖ്യു സഖേവർത്തനം സേഹേ മഹാൻ മഹിതയാഹം നൃപേന്ദ്ര പുരുഷോത്തമേണ ഹൃദയന ശൂന്യ അധ്വന്യുരുക്കമ പരിഗ്രഹമംഗരക്ഷൻ ഗോവേര സദ്ധിരേ വിനിർജിസ്മേ തദ്വീധനുസ്ഥൈഷവസ്സരോഹയാസ്തേ സോഹം രധീകൃപതയോ ആ നമന്തി സ്മൻ ഹുദം കുതമു രാജ്മപൃാ നൽപുരെ വിപശാപ വിമൂഢാ നിഗ്ധാർ വാരുണീ മധുരാം പീവാമതോന്മിത ചേതസാ അജാനമോന് ചതു പഞ്ചാവ ചേഷണ ഭഗവത ഈശ്വര വിജേം മിഥോ നിഘ്നന്തി ഭൂത ഭാവയന്തലോകസാം ജലേ യന് മഹാന് ദോദസ ോ ബലിനോ മിഥി യൂന്യത്ഭന്യം ഭൂവാൻ സഞ്ജഹാരേശകളാർഥയുക്തൃസ്തോ വശമാനിരന്തരശ്ശിത്തം ഗോവിന്ദോ കൃഷ്ണപാദ സരോരുഹം സൌഹാർദ്ദേ ശാന്സുദേവാഘ്ര ഭക്തർമ്മിതം പുനരധ്യമോകോ ബ്രഹ്മസമ്പ സഞ്ചി ദ്വൈത സംശയാ ലീന പ്രകൃതി നൈർഗുണ്യ അലിംഗത്ഭവ നിശമ്യ ഭഗവന്മാർഗം സംസ്ഥോ ചേ നിവൃതാത്മാ യുധിഷ്ട പൃഥാശയോം ഭഗവത്ഗതിഗവത്യധോക്ഷജേ നിവേശിതാൽത്മോരരാമ സംസൃതേ ജയാ ഹരൽഭാരം താ തനുജഹ ഖണ്ടകം കണ്ടൈവാ ചാവീഷിതു സമം യഥ മത്സ്യൂപി തേഖ്യയാഥാഭൂഭാര ക്ഷവിതോയജഹോദച്ച കളേവരം യുന്ദോ ഭഗവാൻ ഇമാഹിജഹോ സതന്വീയസൽ തലബുദ്ധേത അധർമ്മഹേതു കലിരന്വർത്തൽപ്പണമു രാഷ്ട്രേ ഗുഹേ തഥാൽമനി വിഭാവ്യലോഭാനിംസനധർമ്മചക്രമനായ പര്യഥാൽ സ്വരാപ്പുത്രം വിനയനമാത്മനസു സമം ഗുണൈസോയ ഭൂമേരഭ്യ മധുരായാസൃജ്യം വലയാം നിർമ്മമോ നിരഹങ്ക സച്ഛി ശേഷം ജുഹാവ മനസി തൽ പ്രാണ ഇതരേജതം സോത്സർഗം തഞ്ചത് കൃത്ഥ പഞ്ചത്തം തച്ചേകത്തോ ജുഹന്മുനി ൂർദ്ധ ദർശയം ജഡോത് അനവേക്ഷമാണോ നിരഗാൽ അശൃണ്ണൻ ബധിരോ യഥീച്ചിം പ്രവിശേഷം ജതപൂർവാം മഹാത്മഭൃതി ബ്രഹ്മാപരം ധ്യയന് ആവർത്തേമുഖാദര കൃതനിശ്ചയാ കലി നധർമ്മമിത്രേണ ദൃഷ്ട സ് ർആാത്യന്തികമാത്മന മനസാധാരസുർവൈകുണ്ഠ ചരണുജംക്തുദ്ധ ദുഷണാവാരായണ പദേ പദ യോഗം വിരജേനാത്മനേ വഹേരോഗ്യഭാസേ ദേഹമാത്മവാൻ തൃശ്ണാവശേനക്ഷ തിരൂപതിരാപദാം സർവനാശമാണ് ഇവിടെ അനുസ്മരിച്ചു കഴിഞ്ഞത് പാണ്ഡവരുടെയും കൗരവരുടെയും യുദ്ധമൊക്കെ കഴിയും ധർമ്മപുത്ര സുഖാണെന്നാണ് ഇപ്പൊ വെപ്പ് പക്ഷെ സുഖാണെന്ന് ചോദിച്ചാൽ ഒട്ടും സുഖമില്ല മുമ്പത്തെ കാലം ദുഃഖാണ് ഇവിടെ മനസ്സിന് ശാന്തിയുള്ള ഒരൊറ്റ ആളുകള കുടുംബത്തിൽ അത് കുന്തിദേവി മാത്രമാണ് എല്ലാവർക്കും ഒരു തരത്തിലുണ്ടെങ്കിൽ മറ്റൊരു തരത്തിലും ദുഃഖം കുന്തിദേവിക്ക് മോഹമേ ഇല്ല അതുകൊണ്ട് സുഖം മറ്റുള്ളവർക്കൊക്കെ മോഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് ദുഃഖം ധർമ്മപുത്ര തന്നെ കുറ്റപത്രം പ്രധാനം കാരണം എനിക്ക് രാജ്യം വേണം രാജ്യം വേണം മോഹാണ് ആ മോഹമാണ് ഈ സർവനാശത്തിന് വഴി തെളിച്ചത് അപ്പൊ എന്താ ഭാഗവതന്റെ സന്ദേശം എവിടെ മോഹമുണ്ടോ അവിടെ ദുഃഖം അപ്പൊ സുഖം വേണമെങ്കിൽ മോഹം അടക്കണം ആഗ്രഹങ്ങൾ അടക്കണം ആഗ്രഹങ്ങൾ ഇല്ലാതായാൽ അല്ലെങ്കിൽ ഒന്നിനു പുറകെ മറ്റൊന്നാന്ന് മറ്റേ മനസ്സ് സർവ്വതാ ചലിച്ചുകൊണ്ടേയിരിക്കും ഇതാണ് അതിന്റെ സന്ദേശം എന്തിനെ തപസ്വിനിയെന്നറിയപ്പെടുന്ന ഗാന്ധാരിയെ പോലും വ്യാസൻ ഭാരതത്തിൽ വെറുതെ വിട്ടിട്ടില്ല ഗാന്ധാരിയെ പോലെ ഇത്ര തപശുദ്ധിയുള്ള ഒരു സ്ത്രീയെ സങ്കല്പിക്കാൻ പോലും പ്രയാസം പക്ഷേ വ്യാസന്റെ അഭിപ്രായത്തിൽ ഗാന്ധാരി പോലും ഒരു തെറ്റി ചെയ്തു എന്താ ഭഗവാനൊന്ന് ശവിച്ചു അവസാനം ഇത്ര കുടിലത്വമുണ്ടായ ഒരുത്തനെ പൃഥ്വിയിലിങ്ങനെ കണ്ഠീര കേശവ എന്ന് പറഞ്ഞത് ഒരു മൂന്ന് പന്നീരാണ്ട് കഴിയുമ്പോൾ നീ നിന്റെ കുടുംബവും ഇങ്ങനെ തമ്മി തന്നെ നശിക്കുന്നു എന്ന കാരണം കൃഷ്ണൻ യുദ്ധം ഒഴിവാക്കാനായിട്ട് വേണ്ടത് ചെയ്തില്ല എന്ന് ഗാന്ധാരിക്ക് ഒരു വാസ്തവത്തിൽ ഇത് തെറ്റാ യുദ്ധം ഒഴിവാക്കാൻ അങ്ങേ ഏറ്റവും ശ്രമിച്ചു ദുര്യോധനം പറഞ്ഞാൽ കേൾക്കില്ല എന്നുറപ്പുണ്ടായിട്ട് പോലും ദൂതിന് പോവുക എന്ന വിധിവേഷം സ്വയം കിട്ടി ചെയ്യാനുള്ളൊക്കെ ചെയ്തു എന്നിട്ട് പിന്നെ എന്തേ ഗാന്ധാരി പറഞ്ഞ വേണമെങ്കിൽ കൃഷ്ണൻ ഇത് ഒഴിവാക്കാമായിരുന്ന എന്താ പിന്നെ കൃഷ്ണൻ ചെയ്യേണ്ടത് എത്ര പറഞ്ഞിട്ടും ആരും കേട്ടില്ല പിന്നെ കൃഷ്ണൻ ഒന്നേ ചെയ്യാനുള്ളൂ എന്തെ പാണ്ഡവരോട് പറയാം നിങ്ങളെ യുദ്ധത്തിന് പോകേണ്ടത് എന്നാ ഒരു പക്ഷേ ഗാന്ധാരുടെ മനസ്സിൽ ഇതായിരുന്നോ ഉണ്ടായോ നിശ്ചയില്ല പാണ്ഡ പാണ്ഡവരുടെ കൃഷ്ണൻ പറഞ്ഞെങ്കിൽ അവർ പോയില്ലായിരുന്നു അപ്പൊ യുദ്ധം ഒഴിവാക്കാൻ വയ്യായിരുന്നോ എന്നാകാം ഉള്ളിൽ തോന്നുന്നത് ഏതായാലും ശരി കൃഷ്ണനെ ശവിച്ചു ഇങ്ങനെ ഒരു അപകടവും പറ്റാത്ത രണ്ട് കഥാപാത്രങ്ങളെ കാണാം ഒന്ന് കുന്തി ദേവി മറ്റത് വിതുരന് ഭീഷ്മന് പോലും ഉണ്ട് കൊച്ചു മോഹം തന്നാം ദൂതു പറഞ്ഞ സന്ദർഭത്തിൽ ദുര്യോധനൻ എന്തോ കയർത്ത് പറയുമ്പോൾ ഭീഷ്മർ അവിടെ നിന്ന് പറയും മൈ ീപത് രാജ്യങ്ങ സമ്പ്രഷാ സേൽപ്പുമാനിക്കുക ഞാനിങ്ങനെ രാജാവായിരിക്കുമ്പോൾ ഇവിടെ ആരാ രാജ്യം കൊടുക്കില്ല എന്നൊക്കെ പറയുന്നതെന്നൊന്ന് കയറ്റം സംസാരിക്കും ഞാനിങ്ങനെ രാജാവായിരിക്കുമ്പോൾ ഭീഷ്മര രാജാവല്ല എന്നാലും കുറെക്കാലമായിട്ട് ഈ രാജകീയമായ സുഖങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനോടറിയാതെ ഉള്ളിനുള്ളിൽ ഒരു മോഹം വന്നു എന്നാ കാണിക്കുക ആ ഭീഷ്മനെ പോലും ഇവിടെ ന്യൂനത പക്ഷേ ഇതൊന്നുമില്ലാത്ത കുന്തിദേവിയുടെ കഥ അവിടെ അനുസ്മരിച്ചത് ദുഃഖമൊക്കെ സഹനം സർവ്വദു ചിന്താപിലാപരഹിതം സാത്യക്ഷിക ആരോടും പ്രതികാരവും വരിഭവുമല്ലാതെ ശ്രമിക്കുക മറ്റൊരാർത്ഥത്തിൽ ഇതുപോലൊരു മഹാത്മാവാണ് വിദുരൻ ആരോടുമില്ല പരിഭവം പരാതി കാരണം ജീവിതം എന്താണ് ഇതിന്റെ അർത്ഥം എന്താണെന്ന് പൂർണമായി മനസ്സിലാക്കിയ ഒരു മഹാനുഭാവനാണ് വിദുരൻ എവിടെയാണോ ധർമ്മം ആ ധർമ്മത്തിന്റെ ഭാഗത്താണ് അദ്ദേഹം ആരോടുമില്ല തനിക്കൊരു പക്ഷപാതം പറയേണ്ടത് തുറന്നു പറയും മുഖം നോക്കാതെ പറയും മൊഹസ്ഥിതി ശീലമില്ല കാരണം തനിക്ക് സൈവ്യനായിട്ട് ഉപാസിക്കേണ്ട ഒരൊറ്റ ഈശ്വരനെയുള്ളൂ എന്ന പൂർണ്ണ ബോധ്യമുള്ള ആളാണ് വിദുരൻ ആ വിദരൻ യുദ്ധം തുടങ്ങിയ കാലത്ത് യാത്ര പുറപ്പെട്ടതാ കണ്ടിട്ടില്ല എനിക്ക് ഈ കൂട്ടക്കൊല കാണാൻ കഴിയില്ല എന്നെ കൊണ്ട് ഇത് തടയാൻ ആവുന്നത് ശ്രമിച്ചു പറ്റില്ല ഞാൻ എന്താ പുറപ്പെടുകയാണ് അങ്ങനെ പോയിട്ട് പിന്നെ വളരെ കാലം കഴിഞ്ഞാൽ വന്നത് ധർമ്മപുത്ര മഹാരാജ് ഇപ്പൊ ദുഃഖം ഇപ്പൊ കാര്യങ്ങളൊക്കെ ശരിയായി ശബ്ദക്കളൊന്നും ഇല്ല പക്ഷേ വിതുരൻ ഇല്ല വിതുരൻ ഈ രാജ്യത്തെങ്കിൽ ധർമ്മമില്ലെന്ന അർത്ഥം ധർമ്മമൂർത്തിയാണ് ഇറങ്ങിപ്പോയത് ആ ധർമ്മമൂർത്തി വരുന്നത് ധർമ്മപുത്ര മഹാരാജാൻ എന്തെന്നില്ലാത്ത ദുഃഖം അങ്ങനെ ദുഃഖിച്ചിരിക്കുമ്പോഴാണ് വിതുരൻ നിങ്ങളുടെ കാര്യം വന്നു ആളെ കണ്ടാൽ പറയില്ല പഴയ വിദരൻ ഒന്നുമല്ല ശരിക്കുംടയും നീണ്ട തലമുടിയും മരണ വസ്ത്രവും ഈ ലോകത്തിലൊന്നുമല്ല അദ്ദേഹം ജീവിക്കുന്ന ആ മട്ടിൽ കണ്ട വിതിരൻ വന്നപ്പോ വിതിരനെ നമസ്കരിച്ചു ധർമ്മോത്തര മഹാരാജാവ് സന്തോഷമായി പക്ഷേ വിതിരൻ ഇപ്പോ ധർമ്മപത്തര മഹാരാജാവെ അഭിവാദ്യത്തിൽ ഒന്നും വലിയ താല്പര്യവുമില്ല അദ്ദേഹം ഇവിടെ വന്നത് വേറൊരു ലക്ഷ്യത്തിലാ തൻ്റെ ഏട്ടനായ ഒരാളുണ്ട് മക്കളൊക്കെ മരിച്ചു അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ മമതയാണ് ഈ സർവകാശത്തിനും കാരണം പറഞ്ഞിട്ട് അദ്ദേഹം കൂട്ടാക്കിയില്ല എന്തിന് ഇനിയെങ്കിലും ഈ ഏട്ടനെ ഒന്ന് നന്നാക്കാമെന്ന് നോക്കണ്ടേ ഇങ്ങനെ വേണമല്ലോ നല്ല അധ്യാപകന്റെ രക്ഷണം ഒരു വിദ്യാർത്ഥി നന്നാവില്ലെന്ന് ഉറപ്പാണെങ്കിലും അവനെ എങ്ങനെങ്കിലും നന്നാക്കി അടങ്ങുന്നു വാശി അങ്ങനെയുള്ളയാളാണ് ഉത്തമാചാരം എന്നാണ് രാമകൃഷ്ണൻ പറയുക വിദരണങ്ങൾ ഉത്തമാചാരൻ ഏട്ടനോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഗുണദോഷിച്ചിട്ടുണ്ട് ഒരു ഫലവും എങ്കിലും ശ്രമം ഉപേക്ഷിച്ചിട്ടില്ല ഒരിക്കൽ ഏകാന്തത്തിന് എനിക്കവ പറഞ്ഞു എന്റെ ഏട്ടാ എന്താ ഈ ജീവിതത്തിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് എത്ര വയസ്സായി എന്തെല്ലാം കണ്ട കണ്ണാണിത് എന്തെല്ലാം ജീവിതാനുഭവങ്ങൾക്കുണ്ടായി ദുഃഖമല്ലേ ഉണ്ടായിട്ടുള്ളൂ ആ ദുഃഖത്തിന് മുഴുവൻ കാരണം അന്ധമായ പുത്രസ്നേഹമല്ലേ ആ പുത്രനെ ഉപേക്ഷിച്ചിരുന്നുവെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല പക്ഷേ ഉപേക്ഷിക്കാൻ വയ്യ ഇനിയും ഈ ജീവിതത്തില് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന നിന്നാൽ എവിടെ സുഖം ഉണ്ടാവുക ഉപേക്ഷിക്കൂ എല്ലാം എല്ലാം ഉപേക്ഷിക്കൂ ഈ ഭാവം വരുത്താൻ വേണ്ടി ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞില്ലേ ഇന്ന് മട്ടിൽ കുറച്ച് കടുത്ത വാചകം തന്നെ പരിപോടിച്ചു ഏട്ടന്റെ മക്കളെയൊക്കെ തല്ലിക്കൊള്ളത് ആ ഭീമസേന കണ്ണു കാണാൻ വയ്യാത്ത ഏട്ടന് ഇന്ന് ഉരുള ഉരുട്ടിത്തരുന്നത് ഏട്ടൻ്റെ മക്കളുടെ രക്തം പോരണ്ട കൈയ്യുള്ള ഭീമസേന ആ ഉരുള കഴിച്ചിട്ട് ബഹുസ്വാദ് ബഹുസ്വാദ് ഭീമസേന തലകുടുക്കി ഇവിടെ നാണമില്ലേ ഏട്ട വീട്ടിലെ നായ്ക്കേണ്ട അവസ്ഥയല്ലേ ഇത് ഗ്രഹനാഥൻ വല്ലപ്പോഴും ഉരുള കൊടുത്താൽ അത് വെട്ടി വിഴുങ്ങിട്ട് വാലുമായിട്ട് നടക്കുന്ന കണ്ടിട്ടില്ലേ ഈ തരത്തിൽ നിന്ദിയമായ ഒരു ജീവിതമലയെ നയിക്കുന്നൊക്കെ കുറച്ച് പരിഷായ വാക്ക് അത് കൊള്ളടന്ന് കൊണ്ടു ഏകൻ്റെ പറഞ്ഞു ശരിയറിയ മതി മതി ഏട്ടനെ മതിയെന്ന് തോന്നുന്നുണ്ടോ മടുത്തോ ഉവ പോരും ഇങ്ങോട്ട് യാത്ര പറയാനും നിൽക്കണ്ട ആരോടും പറയണ്ട മതിയെന്ന് തോന്നിയാൽ അപ്പ വഴിവിട്ടിറങ്ങണം വന്നോളൂ പുറപ്പെട്ടു കൂടെ ഗാന്ധാരി അർദ്ധരാത്രിയിൽ ആരും അറിയാതെ വിതരണം ധർമ്മപുത്രം ഗാന്ധാരിയും കൂടെ കൊട്ടാരം വിട്ട് കാട്ടിലേക്ക് പോയി ഇങ്ങനെ വേണം വൈരാഗ്യം വന്നാൽ ആ എല്ലാം വിട്ട് ഇറങ്ങിപ്പോകണം വൈരാഗ്യം വന്നിട്ടും വീട്ടിലിരിക്കുന്ന ആൾക്ക് വൈരാഗ്യം വന്നിട്ടില്ലെന്ന അർത്ഥം അതാണ് കാണിക്കേണ്ടത് എല്ലാവരും ഇറങ്ങിപ്പോയി പിറ്റേ ദിവസം രാവിലെ കൂടിക്കഴിഞ്ഞ ധർമ്മപുത്രം മഹാരാജാവ് സ്വാധ്യായം കഴിഞ്ഞാൽ കാരണവരെ അഭിവാദ്യം ചെയ്യണം വല്യച്ഛന് അതിനുവേണ്ടി നമ്മൾ ശൂന്യം വല്യച്ഛനമില്ല വല്യമ്മയില്ല സഞ്ജയനോട് ചോദിച്ചു എവിടെ എന്റെ വല്ലയശ്ശനും വല്യമ്മയും പിന്നെ വിദുരഫലം വന്നിരുന്നു ആരെയും കാണുന്നില്ലല്ലോ സഞ്ജയ പറഞ്ഞു എനിക്കറിയില്ല ഇന്നലെ രാത്രി അർദ്ധരാത്രി വരെ എല്ലാവരും കൂടെ എന്തോ സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ എന്താ ഉണ്ടായത് എനിക്ക് ഇഷ്ടയില്ല അപ്പൊ വീടിന് ദുഃഖം ദുഃഖിക്കാനേ ഈ പരമഭക്തന് സമയമുള്ളൂ എന്തെങ്കിലും ദുഃഖം എപ്പോഴും അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടേയിരിക്കും വീണ്ടും ദുഃഖം എൻ്റെ പക്കൽന്ന് വല്ല വന്നിട്ട് പരിഭവിച്ചാണോ അവരൊക്കെ പോയത് എൻ്റെ ഏതെങ്കിലും നടപടി അവർക്ക് ഇഷ്ടമല്ലാതായോ എന്നിങ്ങനെ ഓരോന്നോർത്തോർത്ത് ഓർത്തു ദുഃഖം അവനോട് ദുഃഖം വരുന്നതോ അല്ലെങ്കിൽ വേറൊരാൾ ഇറങ്ങി പോകുന്നതോ ഒന്നും അവനവൻ്റെയല്ല ഓരോരുത്തരും അനുഭവിക്കുന്നത് അവരവരുടെ കർമ്മഫലമാണ് ഞാൻ വിചാ കാരണം മറ്റൊരാൾ ഇറങ്ങിപ്പോയി നമുക്ക് തോന്നുന്നില്ലേ വെറുതെ തോന്നുക ഞാൻ കാരണമൊന്നുമില്ല ഇറങ്ങിപ്പോയാൽ അയാളുടെ കർമ്മഫലം ഒരാളെങ്കോട്ട് കയറി വന്ന അത് കർമ്മഫലം ഞാൻ അനുഭവിക്കുന്ന സുഖവും ദുഃഖത്തിനും വേറൊരാളും കാരണക്കാരല്ല ഞാൻ തന്നെ കാരണക്കാരൻ എൻ്റെ ഉള്ളിലുള്ള കർമ്മവാസനയാണ് എന്നെ ഓരോന്ന് ചെയ്യിപ്പിക്കുന്നത് അങ്ങനെ ഓരോന്ന് ചെയ്തിട്ട് ഞാൻ ഒന്നെങ്കിലും സുഖം അനുഭവിക്കും അല്ലെങ്കിൽ ദുഃഖം അനുഭവിക്കും എങ്കിലും നമുക്ക് ഒരു സമാധാനം കണ്ടെത്താൻ പറയും അവനായതിനു മുഴുവൻ കാരണക്കാർ എന്റെ പരാജയത്തിന് മുഴുവൻ കാരണം മറ്റൊരാളെ ഞാൻ അടിച്ചേപ്പിക്കുക അയാളല്ല എന്റെ കർമ്മഫലം ഞാൻ അനുഭവിച്ചല്ലേ മതിയാവും ഇത്രയും കർമ്മഫലവുമായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് ഇവിടെയും ഞാൻ ധാരാളം കർമ്മഫലം വാരി കൂട്ടുന്നുണ്ട് ലെസ് ലഗേജ് മോർ കംഫർട്ട് മേക് ട്രാവൽ എ പ്ലസ് എന്ന് പറയാറുള്ളത് ലെസ് ലഗേജാ വേണ്ടത് പക്ഷെ ഞാൻ ജീവിക്കുമ്പോ കുറെ ലഗേജുമായിട്ടാണ് ഞാൻ വന്നത് ഇവിടെ വന്നിട്ടു ലഗേജ് വാരിക്കൂട്ടുക എന്തൊക്കെ ലഗേജ് പണത്തോളം പണമാകുന്ന ലഗേജ് പ്രതാപം ഐശ്വര്യം കുട്ടികള് മക്കള് ഭാര്യ ഗൃഹം എന്തെല്ലാം ലഗേജാണ് വാരിക്കൂട്ടുന്നത് ഇപ്പൊ ഭാരം എത്ര ഉണ്ട് വന്ന ഭാരമുണ്ട് ഇവിടെ ഷോപ്പിംഗ് കഴിഞ്ഞാൽ ഭയങ്കര ഷോപ്പിങ് ആരാണോ നമ്മുടെ യാത്ര പോവാ വലിയ വലിയ സ്ഥലത്തൊക്കെ കൊണ്ടുപോയ പെട്ടി തന്നെ ഉണ്ട് പക്ഷെ അവിടെ പോകുമ്പോൾ നമുക്ക് ഷോപ്പിംഗ് വേണ്ടി അത് ഇറങ്ങി കുറെ സാധനം വാങ്ങിയപ്പോഴാണ് ഇത് എവിടെ സ്റ്റോക്ക് ചെയ്യുക അപ്പൊ പെട്ടി വാങ്ങുക അല്ലേ കുറെ പെട്ടി വാങ്ങി പെട്ടി വാങ്ങിയിട്ട് എങ്ങനെ കൊണ്ടോണ്ട് ഒട്ടനെ വിളിക്കാം അല്ലെ കാറ് വിളിക്കാം ഇപ്പൊ എന്തെല്ലാം വാരി കൂട്ടി എന്നിട്ട് മടക്കയാത്ര എങ്ങനെയുണ്ട് ഇപ്പൊ പോയപ്പോ തന്നെ ഈ പെട്ടിയായിട്ട് കുടിച്ചാ പോയത് ഇപ്പൊ ഇരട്ടി പെട്ടിയായിട്ടാ ഇങ്ങോട്ട് പഠിക്കുക ട്രെയിനിന് സ്ഥലമില്ല വല്ല മോഷ്ടിച്ചോളൂ എന്തെല്ലാം പേടികളാ എന്താ കാരണം ലഗേജ് വാരി കൂട്ടുക അവനവന്റെ കർമ്മഫലമാണ് അവനവന്റെ ലഗേജ് അത് അവനവൻ ചുമക്കണം വേറെ ആരു ചുമക്കാനില്ല ഇതൊക്കെയാണ് ജീവിത തത്വം എന്താണ് വന്നു നാരദം വന്നപ്പോൾ കാര്യമൊക്കെ പറഞ്ഞു നാരദം പറഞ്ഞു എന്റെ ധർമ്മപുത്രേ അങ്ങ് അവരെ പറ്റിയൊന്നും ഓർത്ത ദുഃഖിക്കാൻ അവസ്ഥയല്ല അവർ ഈശ്വരന്റെ ലോകത്തിലേക്കാ പോയത് ആരാ കൊണ്ടുപോയാലും അറിയാവുന്ന ചോദിച്ചു സാക്ഷാൽ വിദുരനാണ് കൊണ്ടുപോയത് വിതുരന്റെ കയ്യിൽ ഒരാൾ പെട്ടാൽ അയാൾ മേലോട്ടല്ലാതെ താഴോട്ട് പോരിത്രമേ ഇല്ല പരമാത്മാവല്ലേ അങ്ങ് ഒട്ടും ദുഃഖിക്കണ്ട അവർക്ക് സത്ഗതിയാണ് ഫലം എന്ന് ആശ്വസിപ്പിച്ചു ഇപ്പൊ വേറൊരു ദുഃഖം ഇപ്പൊ സമാശ്വാസി എന്താ അർജുനനെ കാണുന്നില്ല അർജുനനെ കാണുന്നില്ല അർജുനൻ ദ്വാരകയിൽ പോയാളാ പണ്ട് അയാള് ടങ്ങി വരും ഇപ്പൊ കുറെ കാലായി പോയിട്ട് ദ്വാരകയെ ഒരു വർത്തമാനവുമില്ല അർജുനയും കാണുന്നില്ല ഭീമസേനയെ വിളിച്ച് എന്താ ഉണ്ണി ഭീമസേന ദുർനിമിത്യങ്ങളും ഒരുപാട് കാണുന്നു എനിക്ക് ഉറക്കം വരുന്നില്ല മനസ്സിന് ശാന്തിയില്ല അപ്പൊ ധർമ്മപുത്രം പറഞ്ഞാൽ ഒരു ജീവാത്മാവെന്ന അർത്ഥം നമ്മളൊക്കെ ധർമ്മപുത്ര ഒരു ദുഃഖം അല്ലെങ്കിൽ ദുഃഖം എപ്പോഴും നമ്മളെ അരട്ടിക്കൊണ്ടേയിരിക്കും കാരണം മനസ്സാകെ ആഹുലമാണ് ഉറപ്പില്ല ആ ഉറപ്പില്ലാത്ത കാലത്തോളം മനസ്സ് ചലിക്കും മനസ്സ് ബുദ്ധി എന്ന് രണ്ട് വാക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട് പലപ്പോഴും ഇനി തമ്മിൽ വാസ്തവത്തിൽ ഒരു വ്യത്യാസവുമില്ല ആകെ ആകുലമായ മാനസിക അവസ്ഥ മനസ്സെന്ന് പറയും ഉറപ്പ് വന്നാൽ അത് ബുദ്ധിയായി അപ്പൊ മനസ്സും ബുദ്ധിയും ഒരേ സാധനം തന്നെയാണ് മനസ്സാകുലമായാൽ അത് മനസ്സ് ഓരോ ചിന്തകൾ അലട്ടിക്കൊണ്ടിരിക്കുമ്പോൾ മനസ്സ് നേരം വിളിച്ചത് ദൃഢമായ വന്നാലോ അപ്പൊ അത് ബുദ്ധി ഇതേ അർത്ഥമുള്ളൂ അപ്പൊ നമ്മുടെയൊക്കെ മനസ്സാകുലമായാണ് ദുഃഖം നേരം വിളിച്ചത് ആ മനസ്സ് ഉറപ്പുവരണം അപ്പോഴേ തീരുമാനമെടുക്കൂ അപ്പോഴാണ് ബുദ്ധി പ്രവർത്തിക്കുക ഇപ്പൊ ആകെ വ്യാപനമായ മനസ്സ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതാ ഒരാളുടെ കയറി വന്നു നമസ്കരിച്ചു ആരാട്ട് മനസ്സിലായില്ല ആള് എന്തൊരു തേജസ് ആളായിരുന്നു അല്ല അർജുനൻ ഇപ്പൊ കറുത്ത് കരിവാലിച്ച് കവിള് മൊട്ടി യാതൊരു ചൈതന്യവുമില്ലാത്ത ഒരു ജീവശവം പോലെ ഒരാളാ വന്ന് കിടക്കണത് നോക്കി എന്റെ ഉണ്ണി അർജുനൻ അല്ലേ അതോട് ചോദിച്ചു എന്തൊക്കെയാ അർജുന ദ്വാരകയിലെ വിശേഷങ്ങൾ എണ്ണി എണ്ണി ചോദിച്ചു അർജുനന് മറുപടി പറയാൻ കഴിഞ്ഞില്ല തന്നെയുമല്ല അർജുനൻ അതിന്റെ മറുപടിയായിട്ട് ഒരു പൊട്ടി കരച്ചില ഉണ്ടായത് വഞ്ചിതോഹം മഹാരാജ ഹേ മഹാരാജേ നമ്മളൊക്കെ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു ആരാ വഞ്ചിച്ചത് ശ്രീകൃഷ്ണൻ നമ്മടെയൊക്കെ വഞ്ചിച്ചു നോക്കണേ ശ്രീകൃഷ്ണൻ വഞ്ചിച്ചു അത്ര സത്യസ്വരൂപന വഞ്ചനശീലയില്ല അല്ലേ അതെ സത്യസ്വരൂപൻ വഞ്ചിച്ചു അതെന്താ അല്ലെ പറയാൻ കാരണം സ്നേഹാസിക്കാണ് നമുക്കൊരു മനുഷ്യനോട് സ്നേഹം വല്ലാതെ വരുമ്പോ വിരഹം താങ്ങാതെ വരുമ്പോ നമ്മൾ പലതും പറയും അവിടെ വഞ്ചിച്ചു എന്ന് അർത്ഥമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നോട് പറഞ്ഞു എൻ്റെ ഏട്ട ഒന്നെനിക്ക് അപ്പൊ പൂർണ്ണ മനസ്സിലായി നമ്മളൊക്കെ ഇതുവരെ ജീവിച്ചത് നമ്മളൊക്കെ ഇതുവരെ പ്രവർത്തിച്ചത് എല്ലാം ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ ചൈതന്യത്തിന് ഒരു ലേശമാണ് നമ്മളൊക്കെ അഭിമാനം വലിയ അജക്കന്മാരാണ് ഞാൻ തന്നെ അഭിമാനിച്ചത് ഞാൻ വലിയ വില്ലാളിയാണെന്ന് ഏത് കാലം തുടങ്ങി എനിക്ക് ദുരഭിമാനം ദ്രോണ ശിഷ്യനായിത്തന്ന കാലത്ത് തുടങ്ങിയതാണ് ദുരഭിമാനം ഞാൻ വലിയ വെല്ലുവിളിയാണ് ഏത് ലക്ഷ്യത്തിലും അമ്പിത് ഉറപ്പാണ് പാഞ്ചാലി സേവന സമയത്ത് വന്യവര് മഹാരാജാക്കന്മാരെ ലക്ഷ്യം ഭേദിക്കാതെ കുഴഞ്ഞ് ഞാൻ ലക്ഷ്യം ഭേദിച്ചപ്പോ എനിക്ക് മനസ്സിലായി ഈ ലക്ഷ്യം ഭേദിച്ചത് എന്റെ കഴിവുകൊണ്ടല്ല മറ്റവർ പരാജയപ്പെട്ടതും അവരുടെ കഴിവേടുകൊണ്ടുമല്ല ശ്രീകൃഷ്ണൻ അർജുനൻ ജയിക്കട്ടാൻ സങ്കല്പിച്ചു ഞാൻ ജയിച്ചു മറ്റവര് തോക്കട്ടെ സങ്കല്പിച്ചു ഞാൻ തോറ്റു അവര് തോറ്റു ഇതാണ് വാസ്തവം പക്ഷേ ഈ കൃഷ്ണാനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ നിലയിൽ എത്തുക എന്നുള്ള ഭാവമുണ്ടല്ലോ നമുക്ക് ഇടയ്ക്കൊക്കെ തോന്നാറുള്ളൂ വല്ലാതെ ദുഃഖം വരുമ്പോ എന്റെ ഗുരുവായൂരപ്പ കാര്യം നടന്നു ഗുരുവായൂരപ്പാ നമസ്കാരം അതങ്ങട്ട് കഴിഞ്ഞ പിന്നെ സുഖങ്ങളുടെ ഒരു നീണ്ട പരമ്പരയ അപ്പോഴൊക്കെ എന്താ വിളിക്ക ഇതെന്റെ കഴിവ് ഇതെന്റെ വിടുക്ക അപ്പൊ കൃഷ്ണനില്ല പിന്നെയും ദുഃഖം വരുമ്പോ എന്റെ ഈശ്വര എന്ന് വിളിക്കതാണ് മനുഷ്യരുടെ സ്വഭാവം ഇതുപോലെ തന്നെ അർജുനനും ചില ചില സന്ദർഭങ്ങൾ വരുമ്പോ കൃഷ്ണ നുറക്കി ഉറക്കെ വിളിച്ചിട്ടുണ്ട് ആ സന്ദർഭം മറന്നാൽ ആ ജീവിത അനുഭവം പോയി കഴിഞ്ഞാൽ പിന്നെയും ഞാൻ തന്നെയാണ് ഞാൻ തന്നെയാണ് ഞാൻ തന്നെയാണ് കേമേ ഭാവം ആ കേമത്തിന്റെ തലക്കിട്ടൊരു ഒറ്റ അടിയായിരുന്നു ഗീതോപദേശം പ്രജ്ഞാപാദാർത്ഥ ഭാഷ ഭഗവാൻ തുറന്നു പറഞ്ഞു ഇടൂ താൻ വലിയ വിവരമുള്ളത് ഇപ്പോൾ സംസാരിക്കുക തനിക്കൊരു വിവരവും ഇല്ലാന്ന് ആ ഭാഷത്തിന്റെ തലയ്ക്ക് ഒരൊറ്റ അടി കൊടുത്തിട്ടാണ് ഗീതമുള്ള ഒരു ആ ഗീതോപദേശം മുഴുവൻ കേട്ടപ്പോ എന്താ അർജുനം ശരിയാ കൃഷ്ണ എനിക്ക് വല്ലാത്ത അഹങ്കാരാണ് ആ അഹങ്കാരോട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയി അതൊക്കെ ഇപ്പൊ ക്ഷമിക്കണേ ക്ഷമിക്കണേ സഹേദിമത്വ പ്രസവം യദൂക്ധവേദി അജാനതാ മഹിമാനന്ദ ഏതെല്ലാം സന്ദർഭങ്ങളിൽ ഞാൻ എന്തെല്ലാം ചൊല്ലി അങ്ങയെ വിളിച്ചിട്ടുണ്ട് അങ്ങയെ അപഹസിച്ചിട്ടുണ്ട് കളിയാക്കിട്ടുണ്ട് അങ്ങയോട് പരിഭവിച്ചിട്ടുണ്ട് ഒക്കെ തെറ്റ് തെറ്റ് തെറ്റ് ഭഗവാൻ തന്നെ പറഞ്ഞു ആളുകൾ വലിയൊരു തെറ്റി ചെയ്യാറുണ്ട് എന്നെ പറ്റി ഇതിനെ പറഞ്ഞു അവജാനന്ദി മാനുഷീന്ദ്രം ഏ അർജുന ജനങ്ങളൊക്കെ ഒരു തെറ്റ് ചെയ്യാറുണ്ട് മൂഢന്മാരെന്നാ പറയാ മാനുഷിയും ധനുമാശ്രിതം പരംഭാവം അജാനന്ദോ മമ ഭൂതമഹേശ്വരം ഞാൻ ആരാണെന്ന് അറിയാതെ ഒരു മനുഷ്യരാണെന്ന് വിചാരിച്ച വിചാരിച്ചവരൊക്കെ വിട്ടു അർജുനൻ വിഡ്ഢ ഏറ്റു പറഞ്ഞു ഞാനിന്ന് ചെയ്യില്ല പക്ഷേ അയിലെ അർജുനൻ ഈ തെറ്റ് വീണ്ടും ആവശ്യിച്ചു സന്താന ഗോപാര സന്ദർഭത്തിൽ ഉണ്ട് ബ്രാഹ്മണൻ ചോദിക്കും ശ്രീകൃഷ്ണനും ബലരാമനും കുട്ടികളെ രക്ഷിച്ചു അവരാരും രക്ഷിക്കാറുണ്ട് പോ താനാരാ ഞാൻ രക്ഷിച്ചു തരാമെന്ന് ചോദിക്കുമ്പോ ജഗതീശ്വരന്മാർക്ക് ചെയ്യാൻ വയ്യാത്ത കാര്യം തനിക്ക് ചെയ്യാൻ എടുക്കുവോ എന്ന് ശ്രീകൃഷ്ണനെ മുമ്പിൽ വെച്ച് ചോദിച്ചു അപ്പൊ എന്താ പറഞ്ഞോ ഭുവനവിരുദ പാണ്ഡവത് ഔ അഹങ്കാരത്തിന്റെ വൽപ്പം ആരാണോ തന്നെ കൈപിടിച്ചുകൊണ്ട് നടന്നത് ആരാണോ തനിക്ക് പ്രചോദനയും പ്രേരണയും ആരുടെ സഹായത്താരാണോ വിഖ്യാതനായ കൗരവരെ മുഴുവൻ നശിപ്പിക്കുകയാണ് തനിക്ക് കഴിവുണ്ടായത് ആ മഹാനുഭാവന്റെ മുമ്പിൽ വെച്ച് പറയുകയാണ് ഞാൻ ഈ കൃഷ്ണനൊന്നല്ലേ ഞാൻ ഈ കൃഷ്ണനുമല്ല ഞാൻ ഈ ബലരാമനുമില്ല ഞാൻ ഈ കൂട്ടത്തിലെ ആരുമല്ല അങ്ങനെ അറിയാമോ ഞാനാണെന്ന് ഭുവനവിനിത പാണ്ഡവ ഫൽഗുരോം ത്രിലോകത്തിലും പ്രസിദ്ധനായ അർജുനനാണ് ഞാൻ ഇതാണ് അഹങ്കാരത്തിന്റെ വലുപ്പം ഇപ്പോ ഈ അഹങ്കാരമൊക്കെ ശമിപ്പിക്കാൻ ഭഗവാൻ രണ്ടാമതും വീണ്ടും ഒരു രംഗമൊരുക്കി എല്ലാവരും തോന്നു ്വാരകയില് അവശേഷിച്ച ആളുകളെ കൊണ്ട് മടങ്ങി വരുമ്പോഴാണ് കൂട്ടത്തില് കൊച്ചു സ്ത്രീകൾ യാദവ സ്ത്രീകളൊക്കെ ഉണ്ട് ഭഗവാൻ അല്ല മടങ്ങി വരുമ്പോഴാണ് ഒരു കാട്ടാളൻ ബലാത്കാരം അങ്ങനെ സ്ത്രീകളെ പിടിച്ചോണ്ട് പോകാൻ തുടങ്ങി അർജുനൻ ഉറ്റം കൊണ്ടു അർജുനൻ ഗാന്ധിയെ കൊടുത്തു അമ്പ് ഞാൻ അത് യുദ്ധം തുടങ്ങാൻ പോയി അപ്പഴാ മനസ്സിലായേ ഗാന്ധിയും കൈക്ക് ശക്തിയില്ല അമ്പുകൾ പ്രയോഗിച്ചിട്ട് ആ ഒന്നും നേരെ പോകുന്നില്ല താൻ അസ്ത്രമിച്ചതെല്ലാം മറന്നു എല്ലാം എല്ലാം മറന്നു എന്നുള്ള അനുഭവം വല്ലാതെ ഒരു ആഘാതമായിട്ട് അർജുനന് അനുഭവപ്പെട്ടു അതോടുകൂടി എന്തെങ്കിലും അഹന്ത മമതാദികളുടെ ലേശമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ തകർന്ന് തകർന്ന് ശുദ്ധ ശൂന്യമായി മനസ്സിലായു ഞാൻ ആരുമല്ല